ഞാൻ പറഞ്ഞത് പറഞ്ഞു അത് ഞാൻ പറഞ്ഞ ഒരു പോരായ്മയാണ് ജ്ഞാനം ഉണ്ടാകുന്നതിനു വേണ്ടിയുള്ള സാമഗ്രികളൊക്കെ ഉണ്ട് തന്നെ പ്രാമാണിത്യം അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞതിനു ഞാൻ തന്നെ അടുത്ത് പറഞ്ഞു എന്താണ് ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന സാമഗ്രികളെ കൊണ്ട് എന്തു ചെയ്യണം പ്രാമാണ്യത്തെയും ഗ്രഹിക്കണം എന്ന് വ്യക്തമാക്കി പറഞ്ഞു ആദ്യം പറഞ്ഞത് തെറ്റല്ല പണ്ട് ഈ തന്നെ സംബന്ധിച്ച് അവര് പ്രധാനമായി പറയുന്ന ഇതാണ് ഗ്രഹിക്കുന്ന സാമഗ്രിയെ കൊണ്ട് തന്നെ പ്രമാണിത്യഗ്രഹിക്കുന്നു ഇല്ല എന്നാണ് പറയുന്നത് അപ്പോ ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന സാമഗ്രി എന്ന് പറയുമ്പോ താർക്കികന്മാരെന്തിനാണ് പറയുന്നത് അനുഭവം എന്നാൽ ജ്ഞാനഗ്രാഹസാമഗ്രികളിൽ ജ്ഞാന ഉത്പാദക സാമഗ്രി ഉൾപ്പെടുത്തിയിട്ടുണ്ട് താർക്കികന്മാരെ അതുൾപ്പെടുത്തിയിട്ടുണ്ട് ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെയും പറയുന്നുണ്ട് അതെന്റെ മനസ്സിൽ വന്നപ്പോഴാണ് ഞാനത് പറഞ്ഞത് അതായത് പ്രത്യക്ഷം ഞാൻ എന്റെ ഉത്പാദക സാമഗ്രിയായിട്ട് സന്നിഹർഷം അനുമതി എന്റെ ഉത്പാദക സാമഗ്രിയായിട്ട് പരാമർശം ഇങ്ങനെയുള്ള ഉത്പാദക സാമഗ്രികളെ കൂടി എന്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു ജ്ഞാനഗ്രാഹക സാമഗ്രി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഉത്പാദക സാമഗ്രി എന്ന് പറയുന്നത് പൂർണമായും തെറ്റല്ല അതിന് കൂടെ അധികം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിന് ജ്ഞാനഗ്രാഹക സാമഗ്രി എന്ന് പറഞ്ഞാൽ അതും എടുക്കാം അനുഭവമായി മാത്രം നമ്മൾ തൽക്കാലം ജ്ഞാനഗ്രാഹക സാമഗ്രി എന്ന് എടുത്താണ് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണോ ജ്ഞാനത്തിന്റെ പ്രാമാണ്യത്തെക്കുറിച്ച് അസ്വതയാണോ പരതയാണോ എന്ന് ചെല്ലിക്കുന്നു ഇനി ജ്ഞാനത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് ഇനി അടുത്ത ഒരു ഇവിടെ തന്നെ വരും ജ്ഞാന പറയുന്നത് അത് പരതയാണ് ജ്ഞാനോത്പത്തി സ്വതയാണോ അതോ പരതയാണോ എന്നൊരു ചർച്ച ജ്ഞാനോത്പത്തി എന്ന് ജ്ഞാന ഉത്പത്തിയിൽ ഗുണജന്യത്വം എന്ന് പറയുന്ന പ്രമേയം സംബന്ധിച്ച് പ്രമഗുണജന്യമാണ് അപ്പൊ ജ്ഞാന ഉത്പത്തി പരതയാണ് മറ്റു കാരണങ്ങളൊക്കെ സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിലും ഗുണജന്യത്വം എന്ന് പറയുന്ന കൂടെ വേണം എന്തിനാ അപ്രമേയിൽ നിന്ന് അവനെ വേറെ തിരിക്കാൻ അപ്രമേയെ സംബന്ധിച്ചാണെങ്കിലോ ജ്ഞാനഉത്പത്തിയിൽ അവിടെയും പല സാമഗ്രികളുമുണ്ട് പക്ഷെ വിശേഷിച്ചൊന്നും വേണം ദോഷജന്യത്വം അപ്പോ പ്രമേയ സംബന്ധിച്ചും അപ്രമേയെ സംബന്ധിച്ചും അതിന്റെ പ്രാമാണ്യത്തിൽ പരതസ്തുവാണ് സ്വീകരിക്കുന്നത് തർക്കം അതാണ് ഇവിടുത്തെ സിദ്ധാന്തം അപ്രമേയം അങ്ങനെയാണ് പ്രതസ്തു ഇനി ജ്ഞാനത്തിന്റെ ഉത്പത്തി ജ്ഞാനത്തിന്റെ ഉത്പത്തിയെ സംബന്ധിച്ചും അത് പ്രമേയെ സംബന്ധിച്ചും അപ്രമേയെ സംബന്ധിച്ചും പരതസ്തുമാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടു വിഷയങ്ങളും വേദാന്ത പരിഭാഷകൾ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ചർച്ച പോകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ജ്ഞാനഗ്രാഹക സാമഗ്രി ഗ്രാഹ്യമാണോ അതോ ജ്ഞാനഗ്രാഹക അതിരിക്ത സാമഗ്രി ഗ്രാഹ്യമാണോ ഇതാണ് ഇവിടുത്തെ ചർച്ചയുടെ അടിസ്ഥാനം ഒന്ന് പ്രാമാണിയം പ്രാമാണത്തെ സംബന്ധിച്ച് അത് കഴിഞ്ഞാണ് ഉത്പത്തിയെ സംബന്ധിച്ച് പ്രാമാണികത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ അത് ജ്ഞാനഗ്രാഹക സാമഗ്രി ഗ്രാഹ്യമാണോ അതോ ജ്ഞാന ഗ്രാഹക അതിരിക്ത എന്തെങ്കിലും ഗ്രാഹ്യമാണോ എന്നുള്ളതാണ് ഇപ്പോൾ താർക്കിയും പറയുന്നത് എന്താണ് ജ്ഞാനഗ്രാഹ അതിരിതഗ്രാഹ്യമാണ് എന്ത് പ്രാമാണ്യം എവിടെയുള്ള പ്രാമാണ്യം പ്രമേയമുള്ള പ്രാമാണ അതുപോലെ തന്നെ അപ്രമേയം അപ്രമേയം എന്താണ് അതിരിക്ത സാമഗ്രികാഹ്യമാണ് അവിടെ അതിരിക്തമായ അവർ സ്വീകരിച്ചിരിക്കുന്നത് അനുമാനത്തോ അനുമാനത്തിലൂടെ ആഗ്രഹിക്കുന്നു ജ്ഞാനത്തിന്റെ പ്രമേയം അപ്രമേയം ഇതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ജ്ഞാന ഉത്പാദക സാമഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞു പോകും ഈ ജ്ഞാനഗ്രാഹക സാമഗ്രിയും ഉത്പാദക സാമഗ്രി എന്നുള്ളത് തിരിയും അതുകൊണ്ട് ജ്ഞാനഗ്രാഹക എന്ന് മനസ്സിലാക്കണം അതില് ഉത്പാദക സാമഗ്രിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊരു ചർച്ച ചെയ്യണം ഞാൻ നിങ്ങളെ തുടക്കത്തിൽ പറഞ്ഞപ്പോ അതുകൂടെ പറഞ്ഞു പിന്നെന്താണ് ഉം mm. 因 <laughs> disappointment mm. യുടെ കാരണമാണ് ഞാൻ അതിന്റെ അർത്ഥാപത്യല്ല പറയുന്നത് ഈ പുസ്തകത്തിൽ മുടകീരിക്കുന്ന പുസ്തകത്തിലെ അർത്ഥാപത്തിയെ കുറിച്ചല്ല പറയുന്നത് അതിന്റെ അനുമതിയെ കുറിച്ചാണ് പറയുന്നത് പറയുന്ന അർത്ഥാപത്യാണ് അതിന് അയ്യായികന്മാരെ അനുമതി എന്ന് പിന്നെ അർത്ഥാപത്യെ വിശദമായി വേദാന്ത ഒരു അത് ആദ്യം അർത്ഥാപത്തി പ്രമാണത്തെക്കുറിച്ച് പഠിക്കും എന്നാലേ അത് വ്യക്തമാക്കും അപ്പൊ അർത്ഥാപത്തി കൊണ്ട് ജ്ഞാനത്തെയും ഗ്രഹിക്കുന്നു പ്രാമാണിത്യത്തെയും ഗ്രഹിക്കുന്നുണ്ട് എന്താ പരതയല്ല ജ്ഞാനഗ്രാഹക സാമഗ്രി ഗ്രാഹ്യമായുണ്ട് പ്രാമാണ്യം ഇവിടെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് മീമാംസക ഗുരുമിശ്ര ഭട്ടമായി കൊടുത്തിട്ടുണ്ട് മീമാംസകന്മാരെന്ന് പറയുന്നത് മൂന്ന് പേരാണ് പ്രധാനമായിട്ട് കുമാരുടെ ഭട്ടൻ ഗുരു പ്രഭാകര ഗുരു ഗുരുവിൻ്റെ തന്നെയായിരുന്നു ഗുരാരശ് ഇതില് ഗുരുമതം പറയും ഗുരുമതം എന്ന് പറയുന്നത് ജ്ഞാനത്തെ സ്വയംപ്രകാശമായി സ്വീകരിക്കുന്നതാണ് ഗുരു അപ്പോ ഇത് പറയുന്നത് എന്താണ് സ്വതപ്രാമാണു ജ്ഞാനം എന്ന് പറഞ്ഞാൽ വ്യവസായാത്മകമായ ജ്ഞാനം ആ ജ്ഞാനത്തിൽ നിന്ന് തന്നെ പ്രാമാണിത് ലഭിക്കുന്നു ഇതാണ് അതൊക്കെ വിശദീകരിച്ച് ആ ടീകയിൽ എഴുതിയിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഗുരുമതെ സർവസ്മിന്നെ വഞ്ഞാലേ മിതി മാത്രം ഏതത്രയും വാസം ഗുരു പറയുന്നത് ഒരു ജ്ഞാനത്തിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾ വിധി ജ്ഞാനം മാത ആ ജ്ഞാനത്തിന്റെ ആശ്രയം മേയം വിഷവും ഇത് മൂന്നും ഒരു ജ്ഞാനത്തിൽ മൂന്നും കാണും നമ്മൾ സാറിന് അദ്വൈതികളൊക്കെ തൃപുടി എന്ന് പറയും അത് ഈ മൂന്നും കൂടി ചേരുന്നതാണ് ഞാൻ ഈ ഗുരുവിൽ നിന്നാണ് അദ്വൈതീയത്തെ ഇത്തപ്പൂഴിയൊക്കെ പറ്റിയത് അപ്പോൾ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് നേരത്തെ തർക്കീകന്മാർ പറഞ്ഞതുപോലെ ഒരു വ്യവസായം ഞാൻ പിന്നെ ഒരു അനുവ്യവസായം ഞാൻ അങ്ങനെ രണ്ട് രീതിയിൽ അങ്ങുണ്ട് ഘടത്തെക്കുറിച്ച് എങ്ങനെ ഞാനുണ്ടാകും എന്നാണ് പറയുന്നത് അത് അവിടെ കൊടുത്തിട്ടുണ്ട് അയം ഘടക ഘടവിഷേകജ്ഞാനമാണ് അഹം ഇങ്ങനെയാണ് ഞാനുണ്ടാകുന്നത് ഒരുമിച്ച് എന്ന സമൂഹാനം തന്നെ ഞാനൊന്നും കടത്തെ കണ്ടുകൊണ്ട് ഗുരു പറയുന്നത് എന്താണ് അയം ഘടക ഘടവിഷയകടത്തറിയും നീക്കന്യം അവിടെ വന്നു ഘടവിഷേക ജ്ഞാനം നീക്കി അഹം മാതാവും ഞാൻ ആഹമാണ് ഞാനത്തിന്റെ ആശ്രയം മേയമാണെന്തായത് ഏ മേയം എന്തായി പടം മായുടെ വിഷയം മേയം ആ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് ഹൃദന്ധം പഠിക്കും മൃദന്ധത്തി ഈ പറയുന്ന ഏതാ കൃത്യമായ അർത്ഥം അപ്പം മിതി മാത്രമേയം എന്ന് പറയുന്നത് ഒറ്റജ്ഞാനത്തിലാണ് അല്ലാതെ വ്യവസായ ജ്ഞാനം അനുവ്യവസായ ജ്ഞാന രണ്ടൊന്നും ഇല്ല ആ ജ്ഞാനം അയങ്കട ഘടവിഷേക ജ്ഞാനവാൻ അഹം എന്നുള്ള രൂപത്തിലിരിക്കുന്നു കർക്കന്മാർ പറയുന്ന എന്താണ് അയംഘട ആദ്യം ഉണ്ടാകുന്നു രണ്ടാമതെന്താകുന്നു ഘടജ്ഞാനവാൻ അഹം എന്നെ കൂട്ടിച്ചേർക്കുകയാണ് പ്രഭാഗം അപ്പൊ ഇവിടെ കൊണ്ടുവരുന്നു അപ്പൊ ഇതിന അവര് പറയുന്നു ഇതാണ് വ്യവസായങ്ങൾ ഇത് തന്നെയാണ് വ്യവസായ ജ്ഞാനം പറഞ്ഞിട്ട് അപ്പോ എന്ത് ചെയ്യുന്നു ഈ ജ്ഞാനം സ്വയം പ്രകാശമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു സ്വയം പ്രകാശമാകുമ്പോൾ പിന്നെ അതിനെ ഗ്രഹിക്കാവുന്നതിന്റെ ആവശ്യമുണ്ട് ഈ കഥാകരന്മാരുടെ ഈ സ്വയം പ്രകാശം ഇത്ര പ്രയാസമാണ് ഒരുപാട് തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ജ്ഞാനം സ്വയം ഗ്രഹിക്കുന്നു ഞാന സ്വയം പ്രാമാണികം ഗ്രഹിക്കുന്നു ഇതാണ് അയൻകടഹ ജ്ഞാനവാനഹം എന്ന് പറയുന്ന ഈ ജ്ഞാനം ആ ജ്ഞാനത്തെയും ഗ്രഹിക്കുന്നു ജ്ഞാനത്തിന്റെ പ്രാമാണ്യത്തെയും ഗ്രഹിക്കുന്നു തുടർന്നൊരു ജ്ഞാനം എന്തെങ്കിലാണ് വ്യവസായം അവിടെ സ്വതപ്രാമാണവാദിയാണ് പക്ഷേ മുരാരി മിശ്രൻ പറയുന്നത് കാർക്കികന്മാരെ പോലെയാണ് ഏകദേശം പറയുന്നു ആദ്യമൊരു വ്യവസായ ജ്ഞാനം ഉണ്ടാകും അതൊരു ജ്ഞാനം ഉണ്ടാവും പിന്നെ വ്യവസായ ജ്ഞാനം ഉണ്ടാവും ഈ വ്യവസായ ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെയും ഗ്രഹിക്കുന്നു ആ ജ്ഞാനത്തിന്റെ അനുവ്യവസായ സ്വീകരിക്കുന്നു ആരും ദുരാരിച്ച് പക്ഷെ പറയുന്നെന്താണ് ആ അനുവ്യവസായ ജ്ഞാനം കൊണ്ട് വ്യവസായ ജ്ഞാനത്തെയും ഗ്രഹിക്കുന്നു ആ പ്രാമാണികമായി എന്തുകൊണ്ട് ജ്ഞാനഗ്രാഹക സാമഗ്രിക ഉണ്ട് എന്ന് എന്തിനു ഗ്രഹിച്ചു ജ്ഞാനത്തിലുള്ള പ്രാമാ ജ്ഞാനത്തിലുള്ള പ്രാമാണ്യം അങ്ങനെ മനസ്സിലാക്കും അതാണ് മുരാദ മിശ്രന്റെ മതം അനുവ്യവസായ ജ്ഞാനം കൊണ്ട് വ്യവസായ ജ്ഞാനത്തെയും വ്യവസായ ജ്ഞാനത്തിലുള്ള പ്രാമാണ്യത്തെയും ഇനി ഭട്ടന്റെ മതവും നമ്മൾ ഇന്നലെ പറഞ്ഞു ഭട്ടൻ ജ്ഞാനത്തെ അതീന്ദ്രിയുമായി സ്വീകരിക്കുന്നു എന്നിട്ട് അത് പ്രത്യക്ഷമുണ്ടെന്നാണ് അതീന്ദ്രിയെന്ന് വെച്ചാൽ പ്രത്യക്ഷമല്ലെന്ന് പറഞ്ഞ എന്താണ് കർക്കേൻ പറയുന്ന എന്താണ് ജ്ഞാനം ഉണ്ടാകുന്നു തുടർന്ന് അനുവ്യവസായം ഉണ്ടാകുന്നു അനുവ്യവസായം എന്ന് പറയുന്നത് വ്യവസായ ജ്ഞാനത്തിന്റെ പ്രത്യക്ഷമാണ് മനസിലായത് അനുവ്യവസായ എന്ന് പറയുന്നത് വ്യവസായ ജ്ഞാനത്തിന്റെ പ്രത്യക്ഷാട്ടും ഗുരുവും എല്ലാം ചങ്കരാഹാരൂപം മുൻപേ ജീവിച്ചിരുന്നവരെന്നാണ് കണക്കാക്കുന്നത് ഭാട്ടൻ പറയുന്നു ജ്ഞാനം അതീന്ദ്രിയുമാണ് അത് പ്രത്യക്ഷമുണ്ടാകുന്നത് ഗുരു പറയുന്നു അത് സ്വയം പ്രകാശമാണ് ശങ്കരാചാരുടെ സിദ്ധാന്തങ്ങൾ ഇതെല്ലാം കടന്നു വരും അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏവരെല്ലാം ശങ്കരാചാര്യടെ പണ്ടായ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ഞാനത്തെ കുറിച്ചുള്ള ചർച്ച നിങ്ങൾ അദ്വൈത പ്രശ്നം കൊടുത്തേക്ക് വായിച്ചിട്ട് ആ ഇതെല്ലാം ഇതെഴുതിയാളെന്ന് കണ്ടുപിടുത്തമാണെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല എത്രയോ മുമ്പേ എത്രയോ തലമുറ തലമുറകളായി ഏതെല്ലാം നിരത്തിൽ ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഒരു കൃതിയായിട്ട് അതാണ് എന്റെ പശ്ചാത്തലം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽപ്പെട്ടു അപ്പൊ ഈ സ്വയംപ്രകാശമൊന്നും അതീന്ദ്രിയോന്ന് പറയുന്ന ഈ ആശയങ്ങളിലൊക്കെ മുൻപേ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നെടുത്ത് പരിഷ്കരിച്ചാണ് അദ്വൈതത്തെ ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് പറയും അപ്പോ ഭട്ടന്മാർ പറയുന്നത് ഞാനും അതീന്ദ്രിയമാണ് അന്യതാ അനുഭവ ജ്ഞാതാ അന്യതാനുപത്തി പ്രസിത അർത്ഥാവത്തിയിലൂടെ ജ്ഞാനത്തെയും ഗ്രഹിക്കുന്നു ജ്ഞാനത്തിലുള്ള പ്രാമാണിത്യം ഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മറ്റു രീതിയിലും ഇത് പറയാം അനുമാനം കൊടുക്കുക അനുമാനം കൊണ്ട് ഗ്രഹിക്കാം എന്ന് പറയുന്നു ജ്ഞാതാലിംഗത അനുമിതി അതുകൊണ്ട് ജ്ഞാനത്തെയും ഗ്രഹിക്കാം പ്രാമാണത്തെയും ഗ്രഹിക്കാം അല്ലെങ്കിൽ ജ്ഞാത അന്യഥാ അനുഭവത്തിൽ പ്രസൂതാർക്കാതെ അതുകൊണ്ട് ഞാനത്തെഗ്രഹിക്കാം പ്രാമാണത്തേന്ദ്ര രണ്ടാണ് ആര് പറയുന്നത് ഭട്ടന്മാർ പറയുന്നത് ജ്ഞാത അനീക അനുഭവത്തിസൂതാർത്ഥാപത്തി കൊണ്ട് ഞാനിക്കാം പ്രാമാകുക അതുകൊണ്ട് സ്വഭപ പ്രാമാണ അല്ലെങ്കിൽ ജ്ഞാതാനീക അനുമതി അതുകൊണ്ട് ജ്ഞാനത്തെ ഉന്നയിക്കാം പ്രാമാണി രണ്ടു വർഷമായാലും എന്താണ് സ്വത പ്രാമാണുമാണ് അവർ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഇത് പറയുന്നു ജ്ഞാനപ്രാമാണത്തിൽ സ്വതപ്രാമാണ്യം ജ്ഞാനത്തിന്റെ ഉത്പത്തിയിൽ സുതപ്രാമാണ അതുകഴിഞ്ഞ് പിന്നെ വന്നിട്ട് എന്തു പറയും ജ്ഞാനത്തിന്റെ പ്രമാണത്തിൽ സ്വതപ്രാമാണ ജ്ഞാനം പരമപ്രമാണമെന്ന് പറയുന്നത് എന്താണ് ശ്രുതി ശ്രുതിക്ക് സ്വതപ്രാമാണ എവിടെയെത്തി മീമാംസകരുടെ ലക്ഷ്യം അതാ മീമാംസട് പറയുന്ന എന്താണ് ശ്രുതി സ്വത പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ എന്താണോ അവർ പറയുന്നത് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രുതി പ്രമാണമായിരിക്കുന്ന സ്വർഗത്തിനാണ് അപ്പോ സ്വർഗത്തിന് ശ്രുതി പ്രമാണമാണ് അത് സ്വതപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി സ്വർഗം അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി പ്രത്യക്ഷമായി കാണാൻ വേണ്ടി നിങ്ങളാരും നടന്നു പോകേണ്ടതാ ആവശ്യം ഇല്ല അതങ്ങനെ പരിമിച്ച് അറിയേണ്ട ഒരു കാര്യമില്ല എന്തുകൊണ്ട് ശ്രുതി പറഞ്ഞോ അതാണ് അവിടുത്തെ സ്വതപ്രമാണം ഇനി അനുമാനിച്ചറിയാനോ അതിന്റെ ആവശ്യമില്ല ശ്രുതി പ്രത്യക്ഷത്തെയോ അനുമാനത്തെയോ ആശ്രയിക്കാതെ തന്നെ സ്വർഗത്തിന് പ്രമാണമാണ് അല്ലെങ്കിൽ യാഗം ചെയ്താൽ ഫലം കിട്ടുമെന്നുള്ളതിന് പ്രമാണമാണ് ശ്രുതി ഇതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് മീമാംസകരെ സംബന്ധിച്ചിടത്തോളം യാഗം ചെയ്താൽ സ്വർഗം കിട്ടുമെന്നുള്ളത് ഒരു പ്രമാണമേ ഉള്ളൂ മറ്റാരും വേറെ ഏതെങ്കിലും തരത്തിലത് പരിശോധിക്കാൻ മിനക്കട പ്രത്യക്ഷമായിട്ടോ അനുമാനത്തിലൂടെയോ മറ്റേതെങ്കിലും പരിശോധിക്കാൻ തയ്യാറാവരുത് എന്തുകൊണ്ട് വേറെ എന്തെങ്കിലും കൊണ്ട് പരിശോധിച്ചാൽ ഒന്നും കിട്ടത്തില്ല ശുഭമായിട്ടില്ല അതവർക്കറിയാം യാഗം ചെയ്താൽ സുഖം കിട്ടുമെന്നൊന്നതിന് വേറെ ഒരു വഴിയും ഇല്ല അപ്പം ഇവനെന്ത് ചെയ്യണം യാഗം ചെയ്ത് തന്നെ തീരണം വേദം സ്വതപ്രമാണമാണ് അന്യ അനപേക്ഷ പ്രമാണമാണ് മറ്റൊന്നിനെ അപേക്ഷിക്കാത്ത പ്രമാണമാണ് അപ്പോ എന്തു വേദത്തിൽ വിധിച്ചു കഴിഞ്ഞാൽ ആ വിധിയനുസരിച്ച് മറ്റുള്ളവരെന്തു ചെയ്യേണ്ടി വരും യാഗം ചെയ്യേണ്ടി യാഗം ചെയ്തു കഴിഞ്ഞാൽ ത്യാഗം ചെയ്യുന്നവൻ സ്വർഗവും കിട്ടും തേം ചെയ്യുന്നവനും തീട്ടും ദക്ഷിണയും കിട്ടും ഇത് തന്നെ അവസാനം അവിടെ വന്ന് നിൽക്കും അതാണ് ഈ കൊതപ്രാമാണത് പിന്നെ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നോണ്ട് നമുക്ക് ജ്ഞാനത്തിന്റെ ചില പ്രത്യേകതകൾ വിശേഷതകളൊക്കെ മനസ്സിലാക്കുന്നു അറിവെന്ന് പറയുന്നതിന്റെ ചില സവിശേഷതകളും മനസ്സിലാക്കാതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ പ്രയോജനം ചിന്തിച്ച് മനസ്സിലാക്കാൻ അറിവ് എങ്ങനെ ഉണ്ടാകുന്നു പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം ൂലത്തിൽ പറഞ്ഞിരിക്കുന്ന അഭജ്ഞാനം സഭോഗ്രാഹ്യം പരുതോവ ഈ തദ്വതി തത്വകാരകത്വം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ജലജ്ഞാനം ഉണ്ടാവുന്നു അവിടെയുണ്ട് തദ്വതി താരകത്വം ശബ്ദം ഉണ്ടും ജലജ്ഞാനത്തിൽ തത് ശബ്ദം കൊണ്ടു എഴുതു ജലത്വം തദ്വത് ഉണ്ടായി തദ്വതി എന്ന് പറഞ്ഞാൽ ജലവതി എന്നാണ് അർത്ഥം ജലത്തിൽ തത് ശബ്ദം കൊണ്ടുതന്നെ ജലത്വം തദ്വത്തെന്തായി തദ്വതി എന്ന് പറഞ്ഞാൽ ജലത്തിൽ തത്പ്രകാരക ഞാനം തത് ശബ്ദം വീണ്ടും ജലത്വം തത്പ്രകാരോ യസ് അന്യപദാർത്ഥം എന്താണ് ജലത്വം പ്രകാരമായിട്ടുള്ള ജ്ഞാനം ജലത്തിൽ ജലത്വം പ്രകാരമായി വിശേഷണമായി വരുന്ന പറഞ്ഞാൽ ഒരാൾ ജലത്തെ കണ്ടിട്ട് ജലത്വവാ ഇതം ജലം എന്നുള്ള ഞാനുണ്ടാവുകയാണെങ്കിൽ ഈ ജലം ജലത്വമുള്ള ജലമാണോ എന്ന് ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ അതെന്തായി പ്രമ ആ ജ്ഞാനത്തിൽ കാണും ക്രമത്വം പ്രാമാണ്യം യാഥാർത്ഥ്യമല്ല അതിനാത്വം പ്രധാനപ്പെട്ട ജ്ഞാനത്തിൽ ഈ പറയുന്ന യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം ആണ് പറഞ്ഞു കഴിക്കുന്നത് ജ്ഞാനാനാം തദ്കത്വം ജ്ഞാനത്തിൽ എന്താ പറയുന്നു ജ്ഞാനത്തിലുണ്ടായിരിക്കണെന്ന് വെച്ചാൽ ജ്ഞാനത്തിൽ എന്തുണ്ടായിരിക്കണം എന്നാ പറയുന്നത് മാത്വം അപ്പ ഈ പറഞ്ഞിരിക്കുന്ന എന്തിന്റെ ലക്ഷണം തദ്വതി തത്പ്രകാരകത്വം അപ്പൊ ക്രമേയ എന്തുവരും അത് ജ്ഞാനത്തിൽ വരണമെന്നാണ് അപ്പൊ അതേ ജ്ഞാനത്തിലായിരിക്കും വരുന്നത് യഥാർത്ഥ ഞാനം അപ്പൊ അതിന്റെ കാര്യം പറയുന്നു ജ്ഞാനം എന്ന് പറയുന്നതിൽ ഏതൊക്കെ വരും ഇവിടെ ഇപ്പൊ അതിന്റെ കാര്യം പറയുന്നു അപ്പൊ യഥാർത്ഥ ജ്ഞാനത്തിൽ തത്പ്രകാരകത്വം വരണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതം ജലം എന്നൊരാൾക്ക് ഞാനുണ്ടാകുമ്പോ അവിടെ അവിടെ ഞാനെങ്ങനെയായിരിക്കണം ജലത്വത്തായ ജലത്തിൽ ജലത്വം പ്രകാരമായിരിക്കുന്ന ഞാനായിരിക്കും എങ്ങനെയാണ് പോയ ജലത്വം ഉള്ള ജലത്തിൽ ജലത്വം പ്രകാരമായി ഉള്ള ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന ഇതാണ് ജലത്തിൽ ജലത്വം ഞാൻ ജലം എന്നുള്ള ഞാനുണ്ടായാൽ പോരാ ആ ജലത്തിൽ എന്തിന്റെ ഞാനുണ്ടാവണം അതായത് ഗോ എന്ന് പറയുന്നതിനെ കണ്ടിട്ട് ആ ശരിയായ ഗോ ഞാനാണെങ്കിൽ ആ ഗോവിൽ ഗോത്വം ഞാനുണ്ടാവണം ഘടം കണ്ടിട്ട് അത് ശരിയായ ഘടം ഞാനാണെങ്കിൽ ആ ഘടത്തിൽ കടത്ത് ഞാനുണ്ടാവണം ശുക്തിയിൽ ശരിയായ ശുക്തി ഞാനുണ്ടാവണമെങ്കിൽ അവിടെ ശുക്തിത്വം ഞാനുണ്ടാവണം ശുക്തി ഞാനാണെങ്കിൽ ശുക്തിത്വം ഞാനുണ്ടാവണം എന്ത് ഞാനുണ്ടായ പോരാ രജിതം ഞാനുണ്ടായാ പോരാ രജുവിൽ ശരിയായ രജി ഞാനാണെങ്കിൽ അവിടെ രജത്വം ഞാനുണ്ടാവണം എന്തുണ്ടായ പോരാ രജുവിലാണ് സർപ്പത്വം ഞാനും ഉണ്ടായ പോരാ ഇത് അടിസ്ഥാനപരമായി അറിയുന്നു അപ്പോ ശരിയായ ജ്ഞാനത്തിൽ പരമാത്വം ഞാനം ുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകുന്നിടത്ത് എന്നാണോ ചോദിക്കുന്നത് ആ പ്രമാത്വ സ്വതോ ഗ്രാഹ്യം അവിടെയാണ് നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് ആ ജ്ഞാനത്തെ ഗ്രഹിച്ച എന്തോ അതുകൊണ്ടാണോ ഗ്രഹിക്കുന്നത് എന്താ അതോ പരുത്തോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ ആ പ്രമാത്വത്തെ ഗ്രഹിക്കുന്നത് ി പറഞ്ഞു ഞാനത്തെ എന്തോണ്ടോ ഗ്രഹിച്ചല്ലത് അതുകൊണ്ടാണോ ആ പ്രമാത്വത്തെ നിങ്ങൾ ഗ്രഹിച്ചത് അതോ പിന്നെന്താണോ മറ്റെന്തുകൊണ്ടൊന്നുകൊണ്ടാണോ ഞാനത്തെ ഗ്രഹിച്ചത് അനുവ്യവസായം എന്ന് പറയുകയാണെങ്കിൽ അനുഭവം കൊണ്ടാണോ പ്രമാത്വത്തെ ഗ്രഹിച്ചത് അതോ അനുമാനം കൊണ്ടാണോ ഇപ്പോ എന്താണോ ഗുരു പറയും ജ്ഞാനം സ്വയം പ്രകാശമാണോ അപ്പൊ ആ വ്യവസായം തന്നെയാണ് ഗ്രഹിച്ചത് ആ ജ്ഞാനത്തിലെ പ്രാമാണത്തെയും ആ വ്യവസായ ജ്ഞാനം തന്നെയാണ് ഗ്രഹിച്ചത് ഗുലാലി മിശ്രൻ പറയും യും പ്രാമാണേയും അനുഭവസായമാണ് ഗ്രഹിച്ചത് ഭട്ടൻ പറയും ജ്ഞാനത്തെയും പ്രാമാണ്യത്തെയും അർത്ഥാപിയിലൂടെ ഗ്രഹിച്ചു അല്ലെങ്കിൽ ജ്ഞാതാലിംഗത അനുമാനത്തിലൂടെ ആഗ്രഹിച്ചു ഈ മൂന്ന് വട്ടരെ ഹിന്ദു പക്ഷക്കാരായി താർക്കികൾ പരദ പ്രാമ പരത പ്രാമാണിവാദി